Thank you. A aro െ ഞങ്ങളെ ഏറ്റുപറയുകയും നിന്റെ കനിവിനെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു നിന്റെ മഹത്തപ്പെട്ട ത്രിത്വത്തിനെ ഞങ്ങൾ ഇടപെടാതെ സ്തുതിയും അർപ്പിക്കും എന്തുകൊണ്ടെന്നാൽ നീ നിർമ്മിച്ച ഇരുലോകങ്ങളിലും നീ അധിപതിയാകുന്നു ഞങ്ങളുടെ മരണത്തിൻ്റെയും ജീവന്റെയും നാദനായ പിതാവും പുത്രനും കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിലെന്നെ ദൂയൂ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിനെതിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിലെന്നെ ദളർന്നിരിക്കുന്നു എന്നോട് കരുണിയുണ്ടാകണമേ യഹോവേ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ യഹോവേ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിനെതിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ൂടെ സമാധാനം കർത്താവേ നിന്റെ കനിവിനാ ഞങ്ങളുടെ മരിച്ചവരെ പുനർജീവിപ്പിക്കുകയും നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടും നർമ്മനന്മാരോടും കൂടെ അവരെ നിന്റെ വലത്തുഭാഗത്തു നിർത്തുകയും നിന്റെ രാജ്യത്തിൻ്റെ മഹിമയേറിയ ശോഭാവരെ ധരിപ്പിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ നീ നിർമ്മിച്ച ഇരുലോകങ്ങളിലും നീ അധിപതിയാകുന്നുവല്ലോ ഞങ്ങളുടെ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം ുഖം അനുഭവിക്കേണ്ടി വരും ശത്രുടെ കടാക്ഷിക്കണമേ എനിക്കേ ഉത്തരമൊരു ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻറെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ല ഞാനോ നിന്റെ കരുണയിൽ നിന്റെ രക്ഷയില്ല ആനന്ദിക്കും യഹോ വന്മ ചെയ്തിരിക്കാനവന് പാട്ടുപാടും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി അനാദി മുതൽ എന്നും മാമേനാമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ സമാധാനം കർത്താവേ ക്രൂശിന്മേൽ വെച്ച് ആ കള്ളനോട് കൃപ തോന്നി അവന് സ്വർഗരാജ്യം വാഗ്ദത്തം ചെയ്തതായ ആ കരുണകൾ തന്നെ കർത്താവേ സ്വർഗത്തിൽ നിന്ന് നിന്റെ നീതി വെളിപ്പെട്ടു വരുന്ന വലിയതും മഹത്വുമായ ദിവസത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കത്തൃത്വത്തോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യട്ടെ നീതിമാനായ ന്യായാധിപതിയും കരുണ നിറഞ്ഞവനും കടങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനും എന്ന് ഞങ്ങളുടെ മരണത്തിൻ്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും കുച്ഛായുമായുള്ള ത്തിൻ്റെ പൊടിയിലേക്ക് നീ ഞങ്ങളെ എറിഞ്ഞുകളഞ്ഞൂ കടം രോഗങ്ങ് മനുഷ്യ ശോഭാവം നീളെ ദരീ പീച്ചു ദുഃഖമാം മൃത്യുവാകും കർമ്മങ്ങളാകും അംഗീ കറയിൽ കനീയണേ അതുതന്നെ കെട്ടിടത്തിൻ്റെ മൂലക്കല്ലായിത്തീർന്നു പാപീകൾ കനുദ മാർഗത്തെ കാട്ടിടുവ മാനുഷവംശല വന്ന നിഗമനം കർത്തനെ ജന umbanagunadina nenkrabamojike ne enkadam vidinalil pidavinum putranam parishuddhatmavin പാപ കടങ്ങൾ ഞെട്ടിക്കും ഗോരവീതി ഭ്രമിപ്പീച്ചിടും നിന്റെ ഞായൻ മുൻപിൽ നൽകേണ്ടു എന്തു ിയായി ഗയാൽ നൽവൈദ്യോനി ദയൻ ദൗർബല്യത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും രിഷ്ടാത്മാ പുണ്യത്തിൻ കർമ്മ ദീപം മണിക്കാം പോയിടും തിയങ്ങേനെ കന്യകർ നൽകി കർമ്മത്താൾ തള്ള പേട്ട അവർക്കായ് മണവറ തൂറക്കപ്പെടുമില്ല ജ്വാലോർക്ക ഹ ശാന്തി നൽകി കർത്തൻ ക്ഷനോദഭിഖ്യ തോർക്കും ആഗ്യാ ലിൻ്റെ ഭയം ചു ൻ നോടൂ കർത്തനെ കൃപ ചെയ്യുക നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ സമാധാനം കർത്താവേ നിൻ്റെ ദയാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിൻ്റെ കൃപ ഞങ്ങളുടെ പാപങ്ങളെ മോചിക്കുമാറാകട്ടെ നിൻ്റെ മഹത്വപ്പെട്ട തൃത്വത്തിൻ്റെ അനാദിയായ ഘടനകൾ നിൻ്റെ ആരാധനക്കാരുടെ സഹായത്തിനായി വരണമേ എന്തുകൊണ്ടെന്നാൽ നീ നിർമ്മിച്ചതായ ഇരുലോകങ്ങളിലും നീ അധിപനാകുന്നു ഞങ്ങളുടെ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനായ പിതാവും പുത്രനും റൂഹാദുദിശായുള്ളൂ ൾക്ക് സൗജന്യമായിട്ട് അനാദിയായ കരുണകൾ വിസ്മനീയങ്ങളും ശ്രേഷ്ഠവും അത്യുന്നതങ്ങളുമാകുന്നു ഞങ്ങളുടെ നല്ല പ്രത്യാശയും കരുണ അഭയസ്ഥാനവുമായ ഞങ്ങളുടെ മരണത്തിൻറെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളൂ ഈ യാൾ ഞങ്ങൾ തൻ ജീവൻ നിത്യ ജീവനിൽ ചേർത്തിടണമേ എന്റെ പാപങ്ങൾ ൾ മുന്നിൽ ലജീപ ഈടയാക്കല്ലേ ഈ രോഗം തന്നേ മായ multimass wrote യോനെ എൻ പാപങ്ങളെ ട്രമീ സ്വർഗീയരായ മണന നിൻവാരവി ഈ നിൽ Maha tua tindi ീളം ഏതലേദിൻ വ ും കൊണ്ട് പോയിടുന്നതും അവൻ തന്നെയും നിന്നൂയി നൽക ನಿನ್ನ ನಿಂಗಳೇಕೂ ಎಂಕರಂಗಲ್ ನೀಟ್ಟಿಡನ್ನು ಎന്‍റെ ಕಣ್ಣು ಮಿನ್ ಕರುಣಾ ತೋಕन्ने ಎന്‍റെ ಶಬ್ದವُن ನಿನ್ ಮುನ್ಬಿ ും നാഥനെ ഞാൻ നിന്നിൽ നിന്നു ഗ്രഹത്തെ കിഞ്ചുന്നേൻ അങ്ങേക്കാരുണ്യത്തോടപേക്ഷിച്ചിടും ഞാൻ कही वीटी डरुदे ना धने अंगुंन ने यु बेछी करुदे देईव पे एन देश शत्रु क ആ <laughs> നൽകേണമേ അങ്ങുന്നെ യജമാനൻ അടിയനോ തവദാസൻ നീയോ എൻ്റെ സൃഷ്ടിതാവും സൃഷ്ടിയ അയ്യോവിൻ്റെ മുൻപിൽ രക്ഷിതാവേ പ ചം um. युधिग त्रिक युग दुर्विजारंगिल निन्म उग्र कय युगिल निन्म धंभ मार्ग aranil ninnum kavarchakaranil ും കായിക കണ്ണനത്താലും ആത്മീകരിഷ്ടയാലും എന്നെ സങ്കട കേൾക്കൂക എൺപത്തി എട്ടാം സങ്കീർത്തനം എൻ്റെ രക്ഷയുടെ ദൈവമായി ഹോവേ ഞാൻ രാവും പകലും തിരുസനധിയിൽ നിലവിളിക്കുന്നു ഹല്ലൂയ ഹല്ലൂയ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി എൻ്റെ രക്ഷയുടെ ദൈവമായി ഹോവേ ഞാൻ രാവും പകലും തിരുസനധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന നിൻ്റെ മുമ്പിൽ വരുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു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 ഇരുട്ടിലും ആഴങ്ങളിലുമിട്ടിരിക്കുന്നു നിൻ്റെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു നിൻ്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി എന്നെ അവർക്ക് പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു എൻ്റെ കണ്ണ് കഷ്ടതഹേതുവായി ക്ഷയിച്ചു പോകുന്നു ഇഹോവേ ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ച് അപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിങ്ങളെയൊക്കെ ചെയ്യുന്നു നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാരെഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ ശവക്കുഴിയിൽ നിന്റെ ദയേയും വിനാശത്തിൽ നിൻ്റെ വിശ്വസ്തയെയും വർണ്ണിക്കുമോ അന്ധകാരത്തിൽ നിൻ്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിൻ്റെ നീതിയും വെളിപ്പെടുമോ എന്നാൽ യഹോവേ ഞാൻ നിന്നോട് നിരവിളിക്കുന്നു രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു യഹോവേ നീ എൻ്റെ പ്രാണനെ തള്ളിക്കളയുന്നതെന്തിന് നിന്റെ മുഖത്തെ എനിക്ക് മറച്ചു വെക്കുന്നതും എന്തിന് ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനും ഞാൻ നിന്റെ ഘോരത്വങ്ങളെ സഹിച്ച് വലഞ്ഞിരിക്കുന്നു നിന്റെ ഉഗ്രകോപം എൻ്റെ മീതെ കവിഞ്ഞിരിക്കുന്നു നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു അവ ഇടപെടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു അവ ഒരുപോലെ എന്നെ വളയുന്നു സ്നേഹിതനെയും കൂട്ടാളിയേയും നീ എന്നോടകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാർ അന്ധകാരമത്രേ she sure. teach சங்கீर्तन கர்த்தாவே நீ தலமுர தலமறையாய் எங்களுடைய சங்கீதமாய் இருக்கును அல்லேலூயா அல்லேலூயா மரிச்சவரே உயir்ப்பிக்குனவனே திருநாமத்தினை ஸ்துதி கர்த்தாவே நீ தலமுர தலமறையாய் எங்களுடைய சங்கீதமாய் இருக்கును பரவதங்கள் உண்டாயதினம் നീ ഭൂമിയേയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും ചെയ്യുന്നു ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു വ്യാമം പോലെയും മാത്രമിരിക്കുന്നു നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു രാവിലെ തഴച്ച് വളരുന്നു വൈകുന്നേരമത് അരിഞ്ഞ് വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ പൊരുനെടുവീർപ്പ് പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാലൺപത് സമ്പത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ അതുവേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ജ്ഞാനമുള്ളോ ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവേ മടങ്ങി വരേണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് മഹത്വം വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായി ഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായി ഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണ മേ ശ്രവിക്കാം ഓരോ മരണവും ഓരോ പാഠമാണ് ജീവിതയോട്ടം പൂർത്തിയാക്കി നമ്മോട് വിട പറയുന്നവർ ജീവിച്ചിരിക്കുന്ന നമുക്ക് നൽകുന്ന അനുനിമിഷം നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തിരുന്നതുമായ കാര്യങ്ങളെ ഒന്നോർത്തു നോക്കുവാൻ ആവശ്യപ്പെടുന്ന വലിയ പാഠം ജീവിത പുസ്തകത്തിൽ അവസാനമെഴുതി ചേർക്കുന്ന അധ്യായം മരണം ആ അവസാന അധ്യായം നമ്മെ ഇന്ന് ആത്മാർത്ഥമായി കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിലെ നൊമ്പരമായി സത്യമായും നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി തൻ്റെ മരണമെന്ന അധ്യായത്തിന് മുൻപായി എഴുതി ചേർത്തിരിക്കുന്ന അധ്യായങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹനത്തിൻ്റെയും അധ്യായങ്ങളാണ് വിലപിച്ചിരിക്കുന്നവരെ ഒരു നിമിഷം ചിന്തിക്കൂ നാളെ നിങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമിരുന്ന് വിലപിക്കുന്നവരുടെ ഹൃദയ മർമരങ്ങൾ മരിച്ചു കിടക്കുന്ന നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഈ മരണം ആ ചിന്ത ഉണർത്തുക തന്നെ വേണം അതുകൊണ്ടാണ് ബുദ്ധിമാനായ രാജാവ് എന്നറിയപ്പെടുന്ന ശലമോൻ സഭാപ്രസംഗി ഏഴാമധ്യായം രണ്ടാം വാക്യത്തിലൂടെ ഇപ്രകാരം നമ്മോട് ആവശ്യപ്പെടുന്നത് വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത് അതല്ലോ മനുഷ്യരുടെയും അവസാനം ജീവിച്ചിരിക്കുന്നവർ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും അതെ ജീവിച്ചിരിക്കുന്ന നാം അത് ഹൃദയത്തിൽ കരുതേണ്ടത് അതെ ജീവിച്ചിരിക്കുന്ന നാം അത് ഹൃദയത്തിൽ കരുതേണ്ടതല്ലയോ ജീവിത പ്രതിസന്ധികളോട് നല്ല പോർപൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത ഈ ദൈവ ഇനി ശാന്തിയോടെ വിശ്രമിക്കുകയാണ് അങ്ങനെ വിശ്രമിക്കുന്ന വേളയിൽ നാം പാട്ടുകൾ പാടുന്നു ഈ ദൈവ പൈതലിൻ്റെ ും ബഹുമാനിക്കുന്ന വിധം സഭ ഈ പൈതലിനെ ഓർക്കുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു ശലമോൻ രാജാവ് സഭാപ്രസംഗി ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു മനുഷ്യൻ നൂറു മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സവത്സരം ജീവിച്ച് ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവ പ്രാപിക്കാതെയും പോയാൽ ഗർഭമലസിപ്പോയ പിഡം അതിനേക്കാൾ നല്ലതെന്ന് ഞാൻ പറയുന്നു ഈ വചനം സഭാപിതാക്കന്മാർ ശിരസിലേന്തിയിരിക്കുന്നു നമ്മുടെ ഈ ദൈവ പൈതല് സഭ അനുവദിക്കുന്നില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ച മൺകുടമാകുന്നു ഈ ശരീരം ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്രേ എന്ന വചനം ആത്മീയമായി ഉണർന്ന് ജീവനോടെയിരിക്കുന്നവരെ കുറിച്ചത്രേ പറയുന്നത് ഭൗതിക മരണമല്ല അതുകൊണ്ട് ഈ ദൈവ പൈതലിന് ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ച ഈ മൺകുടത്തെ ദൈവം അത്ര വിലയേറിയതായി കാണുന്നു വേദനയിലിരിക്കുമ്പോൾ ഈ ദൈവ പൈതലിനെ ആശ്വസിപ്പിച്ച എത്രയോ പേർ ഇവിടെയിരിക്കുന്നു നാം വേദനയിലായിരുന്നപ്പോൾ നമ്മെ ആശ്വസിപ്പിച്ച ഈ ദൈവ പൈതൽ നമ്മെ എത്രയേറെ സ്നേഹിച്ചിരുന്നു എല്ലാം നമുക്ക് ഓർക്കാം ഈ ദൈവ പൈതൽ വേദനയിലിരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ആശ്വസിപ്പിച്ചവരെ നോക്കി മൗനമായ ഭാഷയിൽ ഈ പൈതൽ നന്ദി പറയുന്നു ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ എനിക്ക് കഴിയുകയില്ല ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഈ പൈതൽ നമ്മോട് അപേക്ഷിക്കുന്നുണ്ട് സഭ ഈ പൈതലിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് കേൾക്കേണ്ടേ ജീവനുള്ളവരും മരിച്ചവർക്കും വേണ്ടി അർപ്പിക്കുന്ന കുർബാനയുടെ പൊരുൾ മനസ്സിലാക്കുമ്പോൾ സഭയുടെ കൂട്ടത്തിൽ നിന്ന് നിദ്രപ്രാപിച്ച് കടന്നുപോയ സർവ്വ ജനത്തിനും വേണ്ടി ഈ കുർബാന കൈക്കൊള്ളണമേ എന്ന് വേദനയോട് പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ ഈ പൈതലിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുവെന്നത് നാം ഓർക്കണം സത്യവിശ്വാസത്തിൽ ഈ ലോകത്തിൽ നിന്ന് ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി കുർബാന മധ്യേ പുരോഹിതൻ കൈകൾ അവിടെ നമ്മുടെ നിശബ്ദമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം നമ്മുടെ ജീവിത വഴികളെ ക്രമപ്പെടുത്തുമെന്ന് ശപഥം വേണം ഈ ദൈവ നമുക്ക് യാത്രയാക്കാൻ കാരണം കല്ലറയിലുള്ള എല്ലാവരും ദൈവശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ചെയ്യുന്ന നാഴിക വരുമ്പോൾ ദൈവത്തിൻ്റെ നിൽക്കുന്ന ദൈവ ദർശിക്കുവാൻ നമുക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദൈവ ദേഹവിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സമാധാനത്തിന്റെ പ്രഭുവായവൻ ആശ്വസിപ്പിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ എന്ന നെയ്ക്കും നിനക്കുള്ളതാകുന്നു വാമീൻ ഞങ്ങളുടെ മരണത്തിൻറെയും ജീവന്റെയും നാഥനായ കർത്താവും ദൈവവുമായുള്ളവേ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് ചെയ്ത നല്ല നാഥനായുള്ളോവേ ഇന്നേ ദിവസം നിൻ്റെ അടുപ്പിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഈ ദൈവ പൈതലിൻ്റെ ആത്മാവിനെ തിരുഘരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടു തേജസ്സിൽ വെളിപ്പെടുമെന്ന് നിന്റെ വിശുദ്ധ ശ്ലീഹ ഞങ്ങളോട് അരുളി ചെയ്ത ഒരിക്കലും നശിച്ചു പോകാതെ സജീവമായ അവസ്ഥയിൽ ഈ ദൈവ പൈതലിന്റെ നിന്നിൽ വിലയം പ്രാപിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജീവിച്ചിരുന്ന മരണം കാണാത്തവൻ ആരുമില്ല തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു മരണം മനുഷ്യ അനിവാര്യമായ വിധിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാം തന്നെ മരണമെന്ന ഈ അനിവാര്യമായ വിധിയിലൂടെ കടന്നു പോകേണ്ടവരാണല്ലോ മരണത്തിനായിട്ട് ഒരുങ്ങുവാൻ ഞങ്ങളോരോരുത്തരെയും നീ ഓർമ്മിപ്പിക്കണമേ നശ്വരമായ ഈ ഭൗമഭവനം അഴിഞ്ഞു പോകുന്നുവെന്നും കൈപ്പണിയല്ലാത്ത നിങ്ങൾക്കായി സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും തൻ്റെ ശ്ലീഹ മരണം മൂലം വേർതിരിക്കപ്പെട്ട ഈ ദൈവ പൈതലിന്റെ ആത്മാവിനെ നീ ഒരുക്കിയിട്ടുള്ള ശാശ്വതത്തിൽ നിദ്ര എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ച കർത്താവെ ബഥാന്യയിലെ ലാസർ ഉറങ്ങുകയാണ് പള്ളി യായിറോസിന്റെ മകൾ ഉറങ്ങുകയാണ് അന്ത്യവിധിനാളിൽ കാഹളനാഥം കേൾക്കുമ്പോൾ ഉണരുവാനായുള്ള നിദ്രയിലായിരിക്കുന്ന ഈ ദൈവ പൈതലിനെ അന്നേ ദിവസം നീ ഉയർപ്പിക്കണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ദൈവ താൽക്കാലികമായ ഈ നിദ്രയെ അവിടുന്ന് ഉണർത്തണമേ കർത്താവെ പാപനിബിഡമായ ഈ ജീവിത ഈ ദൈവ റിഞ്ഞോ അറിയാതെയോ വീഴ്ചകൾ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സതയം ക്ഷമിക്കണമേ ഇതാ ഞാൻ നല്ല പോർ പൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി ജീവൻ്റെ കിരീടം കാത്തു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശ്ലീഹയെപ്പോലെ ഇഹലോഹ ജീവിതത്തിൽ നീ നൽകിയ ഉത്തരവാദിത്വങ്ങളും കടമകളും നിറബടിയായിട്ട് നിർവഹിച്ചേ വിശ്വാസത്തിൽ പൂർണമായ ക്രിസ്തുവിനെ ധരിച്ച് സഭയുടെ വിശുദ്ധ കൂതാശകളെ സ്വീകരിച്ച് വിശ്വാസത്തിൽ ഓട്ടം തികച്ച് ഈ ദൈവ നീതിമാന്മാർക്ക് മാത്രം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നീതിയുടെ വാടാത്ത കിരീടത്തെ അണിയിക്കണമേ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനമാകുന്നുവെന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി പുനരുത്ഥാന പ്രത്യാശയിൽ നിത പ്രാപിച്ച ഈ ദൈവ ഫൈതലിനെ അന്ത്യമഹാവിധിനാളിൽ ഉയർപ്പിക്കണമേ ഈ ദൈവ ഫൈതലിൻ്റെ മരണം മൂലം ദുഃഖിച്ചിരിക്കുന്ന ഉറ്റവരെ ബന്ധുജനങ്ങളെ സ്നേഹിതരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ അവിടുത്തെ ആശ്വാസപ്രദനാകുന്ന പാരക്ലീതയാകുന്ന പരിശുദ്ധ ആത്മാവിനെ അയച്ച് ഈ ലോകത്തിന് അവിടെ നിന്ന് വാഗ്ദാനം ചെയ്ത സമാധാനം കൊണ്ട് ഈ ഭവനത്തെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന സർവനാഥനായ പിതാവും പുത്രനും റൂഹാദ് പുതിശായുമായുള്ളോവേ ആ இன்னுமodil en nenikkum idagunu ende aashwasam nyanende samadhanam ningalku thannechu pogunu sandhiyode isra mi നിങ്ങളില്ല വിശുദ്ധിയ സകല അസ്ഥികളും പറയട്ടെ ഞാനവനെ അന്വേഷിച്ചു കണ്ടെത്തിയില്ലതാനും സകലാകൃത്തികളുടെയും പ്രത്യാശങ്ങളു તને ને નીંડે કૃપા એને કેલ્પિકાને પાબે रास तोडुम अवने स्तुतिपें അവൻ തൻ്റെ ശബ്ദം ഉയർത്തി ഭൂമി വിറച്ചു ലാസറിൻ്റെ നേർക്കുണ്ടായ അതേ ശതം sure u yer pikin avan sadam padicheedum kudi ana ma जड़ंगले नाश में ने पुरतिकु वरतेडम आकाशम चाहिचे रंगीवनो སས <muchas> སྲི रुबान धरम प्रापि छिडं नीदी मानवा അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ും ഒരു പോലെ ചെയ്യുന്നത് എൻ്റെ സ്നേഹിതന്മാരുമെൻ്റെ സഖികളും എന്റെ വേദനയിൽ അകന്നു നിന്നു ചെറുകിന്മേൽ ചുറ്റിപ്പറന്നു ിൽ നിന്ന പോലെ കുടിപിച്ചു ൾക്ക് മുമ്പേയുള്ളവൻ തൻ ദിവ്യത്വത്താൽ സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചീശനേ ഞങ്ങളുടെ ജാതീയ തന്നെ കാത്തു കൊള്ളണേ നിൻസ്വരൂപവും സാദൃശ്യവുമായി സൃഷ്ടിച്ചതിന് പെർവീളിച്ചതാൽ നിൻകരുണയാൽ കൃപ തോന്നണീ ർത്താവിനെ സദാ നേരവും വാഴത്തും നമ്മള അദൃശനായ സ്വയം ഭൂസ്തുത്തി સાલંગ લૂડે આવા સાનતિલ્ પ્રયનાયોને આવા નાયચ્ચુ મત્ય જાધેક્ક્યો રેક્ષયું મલ્ગી ആദ്യം മന്ദവുമായവയല്ല അങ്ങയുടേതാം വിജ്ഞാനത്തിൻ്റെ പ്രവൃത്തികൾക്ക് മുമ്പായിത്തന്നെ അവയുമെല്ലാം ഗ്രാഹ്യമാണല്ലോ Manushya Raghum, Yellar Udayum, Ni Ghudamaya Chindagal Poholum, Angayil Ninnu, Ni Ghudamalla ഏതോ എന്റെ സന്താനങ്ങളുടെ വഷളാധിക്യം പോലെ നമ്മൂടേതായ തലമുറ അനീതിയല്ല സൂര്യനു തുല്യം വേളീവായതും പ്രത്യക്ഷവുമാ நாம் பாபம் చేదుం కళ్ళం పరఞం అన్యాయం చేదుం ముంతల మురా ఏక విఞదా త దణ్ణికెపెట్టు മക്കളെ വന്ന് എനിക്ക് ചെവിതരുവിൻ പാപം ചെയ്തിട്ട് അതിൻ ദുഷ്ടത പേരുകിയദാ തലമുറക്കു വേണ്ടി വരുവിൻ ദയയാചിക്കൂ നമ്മൂടെ മേലും കരുണയുണ്ടാകുന്നതിനായി സമയമുള്ളേടത്തോളം നാമും അനൂദപിക്ക ചെറിയവർ വലിയവരോടും കൂടെ അനൂദിച്ചു തൻ്റെ അടുക്കൽ തീരിച്ചും വരൂ നേർക്കുമായി തൻ്റെ തുറന്നേരിക്കും ദോടു സങ്കടത്തോടെ കരുണകൾ കാപേക്ഷിക്കുന്ന പാപമോചനം യാചിക്കം ചെയ്യുക എന്റെ കണ്ണുനീരിനാൽ ഞാൻ എന്റെ കിടക്ക നനച്ചു േ കണ്ണുനീരിനാ അപേക്ഷിക്കയർ പാപമോചനം നീ നൽകിയല്ലോ എൻ ക്ഷിതാവേ കണ്ണീരീനേ കണ്ടു കൃപയാ യാമെന്നാത്മാവിനോട് ദയാണീ പൂർവകാലത്തെ കടംകഥകളെ ഞാൻ പറയും ദുർബലമായ മർത്യസ്വഭാവം ആവിധവയ്ക്കു ണെന്നു നിൻ്റെ ഉപമ സാക്ഷ്യം നൽകുന്നു ഞങ്ങളുടെതാ പ്രത്യാശ നിന്റെ മേലായ ദിനാ സഹായത്തിനാ വന്നു കർത്തന് ശക്തി നൽകണേ കർത്താവേ നിൻ്റെ കോപത്തോടെ എന്നെ ശാസിക്കരുതേ കർത്താവെ നിന്റെ കോപത്തോടെ നീ മർത്യജാതിയേ ിന്മയ്ക്കായി ശിക്ഷിക്കരുതേ എന്തു കൊണ്ടെന്നാ സൃഷ്ടി നാൾ മുതൽ പാപത്തിലേക്കു അതു ചാഞ്ഞു പോൻകരുണയാൽ അതിൻ പേർക്കായി ദയ തോന്നണീ എന്നാൽ ഞാൻ നിന്നില്ലാശ്രയിച്ചു ഞങ്ങളുടേതാം സഹായിയായ സത്യവൈദ്യനെ നിന്നീലാകുന്നു ഞങ്ങളുടേതാം പ്രത്യാശാശ്രയം അല്പവും ഞങ്ങൾ നശിച്ചുപോക ധീരിപ്പാനായി നിന്ദിവ്യൗഷം പകർന്നു തന്നു സൗഖ്യം നൽകണേ That the sin for me has You have been a gr мод thing up for thatPI drink. ನಿನ್ನ ಮಹತ್ವ ಮುಧಿಚಿದುನದಾಗು ದೀನತில் ಅಂಗು ನಿನ್ನೇ ನಿನ್ವಲ ಆಗೇ ನಿರ್ುತ್ತೇಣಮೇ ಎんで ದೇವಮೇ ഞാൻ ನಿನ್ನಲ ಆಶ್ರಯಿಸಿ ಇರಿಕನ್ನು ನಾನು ಲಜಿತು ಹೋಗರೆದೆ ಕರ್ತಣೇ um പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പീതയ ദൈവമേ എന്നെ ജീവിപ്പിക്കണേ പുത്രനായം സിഹായർപ്പിക്കൻ മർത്യത parakritaya yulla parishuddha atmave pragashathin rajyathi letikena meyenne anaadhi mudil nanneekum aamin aamen tan satyettaal ningale शिपितिकु मत्यार्ति मृत्युवे जंगलिनु नीकि कळनिडणे सर्वतिन नाधन निन्ने जंगल पूगळतीडनु ർക്കുയർ നൽകുന്നു അടക്കപ്പെട്ടോരുടെ നൽപ്രത്യാശയാകുന്നു ആകയാലോ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു മരിച്ചവരുടെ ഇടയിൽ സ്വതന്ത്ര പുത്രൻ കുഴിമാടത്തിൽ നിദ്രകൊള്ളുന്ന കൊല്ലപ്പെട്ടവരെന്ന പോലെ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അനാദി മുതലും ഞങ്ങൾ പൂകൾ തീടുന്നു അടക്കപ്പെട്ടോരുടെ നൽപ്രത്യാശയാകുന്നു ഞങ്ങൾ സ്തുതി ചേടുന്നു വിശുദ്ധനാം ദൈവമേ വിശുദ്ധ ബലവാനേ നീ നിന്റെ ആത്മാവിനെ അയയ്ക്കുന്നു അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു चांदिएगा पिताविनम पुत्रनम परिशुद्धात्माविनम स्तुति अनादिमउदले नन्नेक्यु आमीन आमीन विशुद्ध नाम देवमे विशु शुद्ध आमर्त्य ने सर को शादी